അദ്ദേഹത്തിന് ഇസ്ഹാക്ക് അലൈ ഇസ്ലാം യാക്കൂബ് അലൈ ഇസ്ലാം എന്നിവരെ ഞങ്ങൾ സമ്മാനിച്ചു അദ്ദേഹത്തിന്റെ സന്തതി പരമ്പരകളിൽ പ്രവാചകത്വവും വേദഗ്രന്ഥവും ഞങ്ങൾ നിശ്ചയിച്ചു ഐഹിക ജീവിതത്തിൽ അദ്ദേഹത്തിന് പ്രതിഫലം ഞങ്ങൾ നൽകി പരലോകത്തും തീർച്ചയായും അദ്ദേഹം സജ്ജനങ്ങളിൽപ്പെട്ടവനായിരിക്കും